വേദക്കാരന്മാരിൽ അവരെ സഹായിച്ചവരെ അള്ളാഹു സുബാനഹുവറ്റായാല അവരുടെ കോട്ടകളിൽ നിന്ന് ഇറക്കി അവരുടെ ഹൃദയങ്ങളിൽ അവൻ ഭയം നിറച്ചു നിങ്ങളിലൊരു വിഭാഗത്തെ നിങ്ങൾ കൊന്നൊടുക്കുകയും മറ്റൊരു വിഭാഗത്തെ തടവുകാരാക്കുകയും ചെയ്തു